അധ്യായം പത്തൊൻപത് രണ്ടാമത്തെ നറുക്ക് ഷിമയോന് കുടുംബം കുടുംബമായി ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആയിരുന്നു അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബർഷേബേബ മോലാദർഷുവാൻ ബാല യേസം എൽതോലത്ത് ബേത്തൂൽ പോർമ സിക്ലാദ് ർക്കാ ബോത് ഹസർ സൂസ ബേത്ത് ലബായോത് ഷാരൂഹൻ ഇങ്ങനെ പതിമൂന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അയ്യീൻ റിമോൻ ഏഥർ ആശാൻ ഇങ്ങനെ നാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേദേശത്തിലെ രാമ എന്ന ബാലത്ത്ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഷിമയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ മക്കൾക്ക് അവകാശം ലഭിച്ചു സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നർക്ക് വന്നു അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ്വരെ ആയിരുന്നു അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബേശ്വത്ത് വരെ ചെന്ന് യോക്നേയാമിനെതിരെയുള്ള തോടുവരെ എത്തുന്നു സാരിദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ ഖിസ്ലോത് താബോറിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫറിലേക്കും യത്ത് കാസീനിലേക്കും കടന്ന് നേരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു പിന്നെ ആ അതിർ ഹന്നാത്തോന്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇത്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു കത്താത്ത് നഹല്ലാൽ ഷിംറോൻ ഇദല ബേത്ലഹേം മുതലായ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് സെബുലുൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നറുക്ക് ഇസാഖാരിന് കുടുംബം കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു അവരുടെ ദേശം ഇസ്രയേൽ കെസുല്ലോ ഷൂനെം ഹഫാരൈം ഷിയോൻ അനാഹരാത്ത് രബീത് കിഷ്യോൻ എബസ് രേമത്ത് ഏൻ ഗന്നീം ഏൻ ഹദ്ദെത് പസേസ് എന്നിവയായിരുന്നു അവരുടെ അതിർ താബോർ ഷഹസൂമ്മ ബസ് രമേഷ് എന്നിവയിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആശിയാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അഞ്ചാമത്തെ നറുക്ക് വന്നു അവരുടെ ദേശം ഹെൽക്കത്ത് ഹലീ ബേതൻ അക്സാവ് അല്ലമ്മേലക് അമാദ് മിഷാൽ എന്നിവയായിരുന്നു അത് പടിഞ്ഞാറോട്ട് കർമയിലും ഷിഹോർ ലിബ്നാത്തും വരെ എത്തി സൂര്യോദയത്തിന്റെ നേരെ ബെത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത്ത് ഏമക്കിലും നെയ്യേലിലും ഇഫ്താഹ് എൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ ഹെബ്രോൻ രഹോബ് ഹമ്മോൻ കാന എന്നിവയിലും മഹാനഗരമായ സീതോൻ വരെയും ചെല്ലുന്നു പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു പിന്നെ ആ അതിർ തിരിഞ്ഞ് സക്സീപ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഉമ്മ അഫേഖ് രഹോബ് മുതലായ ും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് ആശയർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആറാമത്തെ നറുക്ക് നഫ്താലിമക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലിമക്കൾക്ക് തന്നെ വന്നു അവരുടെ അത് ഹേലഫും സാനൻ നീമിലെ തുടങ്ങി അദാമി നേക്കബിലും ബ്നോലിലും കൂടി ലക്കൂം വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത് താബോരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കോക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സെബൂലിനോടും പടിഞ്ഞാറുവശത്ത് ആശിരിനോടും കിഴക്കുവശത്ത് യോർധാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീൻ സേർ ഹമ്മദ് ഖത്ത് കിന്നേരത്ത് അദമ രാമ ഹോർ കേദശ് എദ്രേൻഹാസോർ ഇരോൻ മിത്നൽ കൊരൈം ബേത്ത് അനാഥ് ബേത്ത് ഷമേഷ് ഇങ്ങനെ പത്തൊൻപത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നഫ്താലിമക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ ദാൻമക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഏഴാമത്തെ നറുക്ക് വന്നു അവരുടെ അവകാശ ദേശം സോര എസ്തായോൻ ഇർഷമേഷ് ഷാലബീൻ അയ്യാലോൻ ഇത്ല ഏലോൻ പിംന യക്രോൻ എൽ തെക്കെ ഗിബഥോൻ ബാലാത്ത് ബെനെ ബെരാക് ഗത് മേയർകോൻ റെക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു എന്നാൽ ദാൻമക്കളുടെ ദേശം അവർക്ക് അതുകൊണ്ട് ദാൻമക്കൾ പുറപ്പെട്ട് ലേശമ്മിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വൈത്തലയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു ലേശമ്മിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാനു പേരിട്ടു ഇത് ദൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു അവർ ദേശത്തെ അതിർത്തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രയേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായ യഫ്രൈം മലനാട്ടിലുള്ള തിംനത് സെരഹ് അവർ യഹോവിയുടെ കൽപ്പനപ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു ഇവ പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രയേൽ മക്കളുടെ ഗോത്ര പിതാക്കന്മാരിൽ പ്രധാനികളും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചുകൊടുത്ത അവകാശങ്ങൾ ആകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു